ശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ ഈ ചൈതന്യത്തിന് മായ കൊണ്ടല്ലാതെ ബന്ധമൊന്നും വരാൻ സാധ്യമേ ബന്ധം സ്വപ്നം പോലെയാണ് അല്ലാതെ വേറെ ഒരു വഴിക്കും ഒരു ബന്ധമും നിത്യമുക്തനായ ഈശ്വരന് പരമപുരുഷന് വരാനൊക്കുകയില്ല ഇത്രയും പറഞ്ഞ് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ച് ചതുശ്ലോകി ഭാഗവതത്തിലേക്ക് കടക്കാണ് ബ്രഹ്മാവ് ഭഗവാനോട് പറയാണ് എന്നുവെച്ചാൽ കമലജനാണല്ലോ അദ്ദേഹം കമലജനായ ബ്രഹ്മാവ് പറയാണ് ഭഗവാനെ ഭഗവൻ സർവഭൂതം അധ്യക്ഷോ അവസ്ഥോ ഗുഹാം വേദഹ്യ പ്രതിരുദ്ധേന പ്രജ്ഞാന ചികീർഷം താഥമാനസ ഥയാഥിതം പരാവരെ യഥാരൂപേ ജാനീയാം തേപിണ നാഥ നാഥയം വളരെ വിചിത്രമായ പ്രയോഗമാണ് നമ്മൾ ലോകത്തില് നമ്മളാണ് നാഥന്മാരെന്നാണ് ധരിക്കണതേ ഈ അഹങ്കാരം ഒരിക്കലും നാഥനാവില്ലേ അഹങ്കാരം പോയിക്കഴിഞ്ഞാൽ നാഥൻ പ്രകാശിക്കും നമ്മളാണ് ലോകത്തിലെ എല്ലാ കാര്യവും ചെയ്യണത് കൂര താങ്ങണ പല്ലിയെ പോലെ പല്ലി വിജയ പറഞ്ഞു അത്രേ പല്ലികൾ ഒരു സമരം നടത്തി എന്നാണ് എന്നുവെച്ചാൽ ഞങ്ങൾ ഇത്ര കാലമായി നിസ്വാർത്ഥമായി സകല കൂരകളെന്ന് താങ്ങിക്കൊണ്ടിരിക്കണോ ഞങ്ങൾക്കൊരു അംഗീകാരമേ തരണില്ല ഇനിയും ഞങ്ങളെ കണ്ടില്ലെന്ന് നടി ഞങ്ങൾ കൈവിടും പല്ലി കൈവിട്ടാൽ കൂര ചോട്ടൽ ഗൃഹസ്ഥന്മാർക്ക് വലിയൊരു ഭ്രമം വരും നമ്മൾ ഇല്ലെങ്കിൽ വീട്ടുകാരി ഒന്നും നടക്കില്ല എന്നുള്ളത് അതിന്റെ ഒറ്റ മരുന്നേ ഉള്ളൂ ഇടയ്ക്ക് നാട് വിട്ടിട്ട് പോവാ പറയാതൊന്നു പോണം എന്നിട്ട് ഒരു ആറുമാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുക വീട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക അപ്പൊ നമ്മളാണോ കൊഴപ്പം നമ്മൾ പോയി കഴിയുമ്പോ പല പ്രശ്നങ്ങളും പരിഹൃതമായിട്ടുണ്ടാവും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ പരിഹരിക്കല്ല ചെയ്യണത് നമ്മൾ കൊഴപ്പുണ്ടാക്കണോ ചെയ്യണത് നമ്മൾ പോയത് കൊണ്ട് പോവില്ല നമ്മളാണൊക്കെ നടത്തുന്നത് രമണ ഭഗവാൻ പറയണ ഒരു ഉദാഹരണമുണ്ട് ട്രെയിനിൽ പോണ ആള് ഫസ്റ്റ് ക്ലാസ് എ സിയിൽ ടിക്കറ്റ് എടുത്തിട്ട് തന്റെ സൂട്ട് കേസ് തലയിൽ വെച്ചിട്ടിരിക്കാത്രേ പറ്റി ധാരാളം സ്ഥലുണ്ട് അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു എന്തിനാ ഈ തൂ ഈ തലയിൽ വെച്ചോണ്ടിരിക്കണത് അല്ല ട്രെയിൻ ഇത്രയും ചുമക്കണമല്ലോ എന്റെ പട്ടി ഞാൻ ചുമതല എന്റെ ഒരു ജീവിതത്തിൽ ഒരു നിഷ്ഠയാണ് എന്റെ കാര്യം ഞാൻ ചെയ്യണം ാലും ചോട്ടൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത് അല്ലെ അതുപോലെ സകലതും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോ അജ്ഞാനം കൊണ്ട് നമുക്ക് ഞാനാണ് ചെയ്യണത് ഞാനില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്റെ ജീവിതത്തിന് ഞാനാണ് നടത്തിക്കൊണ്ടിരിക്കണത് എന്നൊക്കെ അഭിമാനം തോന്നുന്നു ഈ അഭിമാനം കൊണ്ട് ആകെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റീസും ബിപിയും ഡിപ്രഷനും എത്ര കണ്ട് സിവിലൈസ്ഡ് ആവണോ അത്ര കണ്ട് സൈക്കിക് പ്രോബ്ലെംസ് അതാണ് മോഡേൺ സിവിലൈസേഷന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഏറ്റവും അധികം തലയ്ക്ക് വട്ടളകിയ ആളുകൾ അമേരിക്കയിലാണത്രേ അവിടേക്കാണ് നമ്മുടെ ആളുകളൊക്കെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വട്ടന്മാരെ ഉള്ള സ്ഥലമാണത് എന്നുവച്ചാൽ എൺപത് ശതമാനത്തോളം സൈക്കിക് പ്രോബ്ലെംസ് ഉള്ള ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ പഠിപ്പിന്റെ ഒരു ഫലം പഠിച്ച് പഠിച്ച് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ തലയ്ക്ക് നട്ടു ലൂസായി അശാന്തി സൈക്കിക് പ്രോബ്ലംസ് ഇതാണ് അമേരിക്ക പോലെ ഏറ്റവും അധികം ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഡെവലപ്പ്ഡ് നേഷൻ പേര് കിട്ടുന്നതാണ് അർത്ഥം അപ്പോ ശാന്തിയും മനസമാധാനവും ബാഹ്യ സമൃദ്ധിയും ഒന്നിച്ചല്ല പോണതെന്ന് നമുക്ക് മനസ്സിലാവും ഇത് മനസ്സിലാവും ശാന്തി ശരണാഗതി കൊണ്ട് അഭിമാനമില്ലെങ്കിൽ ശാന്തി വരും രണ്ടു വഴിയാണുള്ളത് ഒന്ന് ഭക്തിമാർഗം അതായത് ആത്മനിവേദന മറ്റൊന്ന് ജ്ഞാനമാർഗം ആത്മവിചാരമാർഗം ഒന്ന് ആത്മനിവേദനത്തിന്റെ മാർഗമാണ് മറ്റൊന്ന് ആത്മവിചാരത്തിന്റെ മാർഗമാണ് ഒരിടത്ത് നമ്മൾ അടങ്ങിക്കൊടുക്കുന്നു മറ്റൊരിടത്ത് നമ്മൾ അറിയുന്നു അറിഞ്ഞവൻ അടങ്ങിയാവണം അടങ്ങിയ ആള് അറിഞ്ഞാകണം അടങ്ങിയിട്ട് അറിയുന്നതിന് പേരാണ് ഭക്തി അറിഞ്ഞിട്ട് അടങ്ങുന്നതിന് പേരാണ് ജ്ഞാനം അറിഞ്ഞ് അടങ്ങണം അടങ്ങിയിട്ട് അറിയണം നമ്മളുടെ സ്വരൂപം എന്താണെന്ന് അറിയുമ്പോ നമ്മൾ ഈ അല്പമായ വ്യക്തിത്വമല്ല എന്നറിയുമ്പോൾ തന്നെ ഈ ജീവാഹന്ത സ്വയമേവ മറഞ്ഞു പോകും അതാണ് ജ്ഞാനമാർഗം അഖണ്ഡ അദ്വയമായ ബോധം ശേഷിക്കും ഭഗവത് സ്വരൂപം മാത്രം ശേഷിക്കും ആളുകൾ ധരിക്കണ അദ്വൈതം എന്ന് വെച്ചാൽ ഞാൻ ഭഗവാനായിട്ട് തീരണമെന്നാണ് അങ്ങനെയല്ല ഭഗവാനിൽ ഞാൻ ഇല്ലാതായിട്ട് തീരുകയാണ് ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല ഭഗവാനാണ് വ്യക്തിത്വം ഭഗവാനേ ഉള്ളൂ അവിടെ ഭക്തിമാർഗത്തിൽ ഭഗവാന്റെ മുമ്പില് നമ്മൾ അടങ്ങുകയാണ് ശരണാഗതി ചെയ്യാണ് ഭഗവാനേ ഉള്ളൂ ഞാനില്ല അപ്പോഴും ജ്ഞാനത്തിന്റെ തന്നെ ലക്ഷ്യത്തിലാ എത്തണത് കബീർ പറഞ്ഞു രാമനാമം ജപിച്ച് സകലതും രാമനാണ് രാമനാണ് രാമനാണെന്ന് ഞാൻ പറഞ്ഞു പരിശീലിച്ചു അവസാനം എൻ്റെ ഉള്ളിലും രാമൻ വന്നിരുന്ന് ഞാനില്ലാതായി തീർന്നു കൊണ്ട് കർത്താ തൂ ഭയാജ്മേ റഹീനഹു എല്ലാം നീയാണ് നീ ആണെന്ന് പറഞ്ഞ് എന്റെ ഉള്ളില് ഞാനില്ലാതായിട്ട് തീർന്നിരിക്കണു അവിടെയും രാമനാണെന്നുണ്ട് ജാഗ്രതീ രാമ സ്വപ്നീ രാമ ജാഗ്രത്ത് സ്വപ്നേ രാമ എല്ലാ രാമ ഭഗവാനേ ഉള്ളൂ അന്യമായിട്ടൊരു ഞാൻ ഇല്ല എന്നാണ് ബ്രഹ്മാവ് പറയാണ് ഭഗവാനെ അവിടുത്തെ കൃപയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ ഞാൻ ഞാൻ എന്ന് തോന്നും അതുകൊണ്ട് നാഥ നാഥയ നാഥിതം ഭഗവാനെ അവിടെ നിന്നാണ് നാഥൻ എന്നുള്ളത് എനിക്ക് ഒന്ന് തെളിയിച്ചു തരാ വേദാന്ത ദേശികൻ പറഞ്ഞു അനാഥൻ എന്നുവെച്ചാൽ ആരാണ് അനാഥൻ്റെ ഒരാളും ഇല്ല എന്നാണ് ലോകത്തില് നമ്മൾ അനാഥ മന്ദിരം ഒക്കെ നടത്തുന്നു ആരാ അനാഥൻ ആര അനാഥനെ സംരക്ഷിക്കുന്ന ആള് അകാരവാ നാരായണ നാഥഹ എസ് അനാഥ എന്നാണ് ആ എന്നുവെച്ചാൽ തന്നെ നാരായണൻ എന്നാണ് അർത്ഥം അക്ഷരാണാം അകാരോസ്മി അകാരവാനായ നാരായണൻ എല്ലാവർക്കും നാഥനാണ് എന്നുവെച്ചാൽ ഭഗവാൻ ഉണ്ട് അപ്പൊ ഇവിടെ ആരും അനാഥനില്ല അപ്പൊ അനാഥൻ എന്നൊക്കെ വെറുതെ നമ്മൾ പറയാണ് ബ്രഹ്മാവ് പറയാണ് ഭഗവാനെ എനിക്ക് തത്വോപദേശം ചെയ്യൂ അവിടുത്തെ സ്വരൂപത്തിനെ ആത്മ സ്വരൂപത്തിനെ ഞാൻ എങ്ങനെയാണ് അറിയാം എനിക്ക് തത്വോപദേശം ചെയ്യൂ എന്ന് പറയാണ് എന്തിനാ തത്വോപദേശം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴേ അസംഖനായിട്ട് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ രാമകൃഷ്ണ പരമവംശർ പറയണ പോലെ ചക്ക മുറിക്കുന്നതിന് മുമ്പ് കയ്യിൽ എണ്ണ തയ്ക്കണം ഇല്ലെങ്കിൽ പാല് കയ്യിലൊട്ടിപ്പിടിച്ച് തലയിൽ ഒട്ടിപ്പിടിച്ച് മൂക്കിലൊട്ടിപ്പിടിച്ച് സർവത്രം ഒട്ടിപ്പിടിക്കും കയ്യിൽ എണ്ണ തെച്ചിട്ട് വേണം ചക്ക മുറിക്കാൻ അതുപോലെ ജ്ഞാനം കൊണ്ട് അസംഗത ആത്മാവിന്റെ സ്വതസിദ്ധമായ അസംഗതയെ അറിഞ്ഞിട്ട് വേണം വ്യവഹരിക്കാൻ ബ്രഹ്മാവ് പറയാണ് സൃഷ്ടികർമ്മത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ സംരക്ഷണം തരണം എനിക്ക് ജ്ഞാനം ഒരു സംരക്ഷണമാണ് ആ സംരക്ഷണം എനിക്ക് തരണമെന്ന് പറയാണ് അപ്പൊ ഭഗവാൻ ബ്രഹ്മാവിന്റെ കൈ പിടിച്ചു ഹസ്ത ദീക്ഷ ഷേക്ക് ഹാൻഡ് ഗുരു സ്പർശിക്കുന്നത് ഒരു ദീക്ഷയാണ് അത് ചില ചില കൈവയ്ക്ക ഏതോ ഒരു കോണ്ടാക്ട് ആ കോണ്ടാക്ട് നമ്മളുടെ പരമ്പരാഗതമായി മഹാത്മാക്കള് ചെയ്തിട്ടുള്ളതാണ് ചിലയിടത്ത് ചക്ഷുർദീക്ഷ കണ്ണുകൊണ്ട് കണ്ടാ മതി രമണ മഹർഷി അധികവും ചെയ്തിരുന്നത് അങ്ങനെയാണ് ഒരു നോട്ടം മതി മഹർഷിയുടെ ഒരു ദർശനമതി മഹർഷിയുടെ ദർശനം കൊണ്ട് എത്രയോ സാധകന്മാര് സാക്ഷാത്കാരം നേടിയുണ്ട് മുരഗനാർ സ്വാമി എന്ന് തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്ന വലിയ മഹാപുരുഷൻ അദ്ദേഹം പറഞ്ഞു മഹർഷി ഒരു വട്ടം എന്നെ നോക്കിയതേയുള്ളൂ വേദങ്ങളൊക്കെ പറയുന്ന ആ പരമപുരുഷ പുരുഷാർത്ഥം ആ സത്യം എന്റെ ഉള്ളിൽ സൂര്യനെ പോലെ പ്രകാശിച്ചു ഒരു വട്ടം നോക്കിയതേ ഉള്ളൂ എന്നാണ് കണ്ണാൽ പെയ്യും കരുണൈന്ന് വായുകൊണ്ട് പറയേണ്ടി പോലും വന്നില്ല ഒരു വട്ടം നോക്കിയതേ ഉള്ളൂ ആ നോക്കിയ ക്ഷണത്തിൽ എന്റെ ഉള്ളിൽ ആ ചിദ്വസ്തു പ്രകാശിച്ചു ഗോപസ്ത്രീകളൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തില് പക്ഷേ അത് കൃഷ്ണനും ഗോപികകളും തമ്മിലുള്ള സംബന്ധത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറയണത് അറിയില്ല പ്രഹസിതം പ്രിയ പ്രേ വിഹരണം ചതേ ധ്യാനമംഗളം കൃഷ്ണൻ ഒന്ന് കണ്ടു ചിരിച്ചു എത്ര രഹസി സംവിധൃപൃശ സംവിധെന്ന് വെച്ചാൽ തന്നെ ഞാനും എന്നാണ് അർത്ഥം കൃഷ്ണൻ ഒന്ന് നോക്കി ചിരിച്ചപ്പോ തന്നെ ഉപനിഷദ്വേദ്യോ ആയ ബ്രഹ്മവിദ്യ ഹൃദയത്തിൽ പ്രകാശിച്ചു എന്നാണ് ഗോപികകൾ പറയണം നഖലു ഗോപികാനന്ദനോ ഭവൻ അഖിലദേഹി നാം അന്തരാത്മ ദൃക് ഈ ഗോപികാനന്ദനല്ലാ നീ അഖിലദേഹികളുടെയും അന്തരാത്മാവാണ് അതുകൊണ്ടാണ് അറിവുള്ളവരായ ജ്ഞാനികൾ തന്നെ അല്ലാതെ വേറെ ഒരു വസ്തുവിനോട് സംഘം വെക്കാത്തത് കുറവന്തി ഹിത്വരത്തി കുശലാഹ സ്വാത്മൻ നിത്യപ്രിയെ പതിസുതാതി ആർത്തിദേഹിക്കും ഭാര്യ മക്കള് ബന്ധുക്കൾ ബന്ധാണ് നീ മാത്രമാണ് സത്യവസ്തു നീ ഹൃദയത്തിലെ നിരന്തരം ആത്മസ്വരൂപിയായി പ്രകാശിക്കുന്നു ഇതൊക്കെ ഗോപികകളുടെ വച്ചനാണ് അവരൊന്നും ഒന്നും അറിയാതെ ഒന്നും കൃഷ്ണന്റെ കൂടെ കൂടിയവരല്ല അറിയില്ലെങ്കിലും കൃഷ്ണൻ ഒന്ന് നോക്കി ചിരിച്ചാൽ മതി വേദവും ഉപനിഷത്തും ഒക്കെ പ്രകാശിക്കും എന്നാണ് ഉത്തമ ജീവൻ മുക്തന്മാർക്ക് ഉപദേശിക്കുക പോലും വേണ്ട മൗനവ്യാഖ്യാപ്രകടിത പരബ്രഹ്മതത്വം മൗനം കൊണ്ട് തന്നെ ബ്രഹ്മോപദേശം ചെയ്യാൻ ഒക്കും ആ ചിത് ശക്തി അവരുടെ ഹൃദയത്ത് നിന്നും ശിഷ്യന്റെ ഹൃദയത്തിലേക്ക് സ്വയമേവ പ്രസരിക്കും ബ്രഹ്മസൂത്രത്തിൽ തന്നെ അങ്ങനെ ഒരു സമ്പ്രദായം പറയേണ്ട ശങ്കർ അവചനേനെ ഇവ ബ്രഹ്മപ്രൂവാച് എന്ന് ഉഭയലിംഗാധികരണത്തില് പറണു പറയാതെ ബ്രഹ്മത്തിന് ഉപദേശിച്ചു എന്നാണ് മൗനം കൊണ്ട് ഉപദേശിച്ചു അത്ര ഗുരു ഒന്നും ആക്കൊന്നും വേണ്ടാതാണ് ഗുരുവിന്റെ സാന്നിധ്യം മതി ആ സൈലൻസ് തന്നെ ഉപദേശാണ് ആ മൗനം തന്നെ ഉപദേശാണ് മിണ്ടാതെ ഇരുന്ന് ഉപദേശിക്കാം അപ്പൊ ഭഗവാന്റെ അടുത്ത് ബ്രഹ്മാവ് പറയാണ് ഭഗവാനെ എനിക്ക് ഉപദേശിക്കൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാനാണ് ആദ്യമായിട്ട് ഷേക്കാണ്ട് കൊടുത്തത് നമ്മളല്ല സാധാരണ ആർക്കും ക്ഷേക്കാൻ കൊടുക്കാൻ പാടില്ല എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഫിസിക്കൽ കോണ്ടാക്ട് അല്ല സൈക്കിക് കോണ്ടാക്ട് ഉണ്ടാവും അതുകൊണ്ട് തൊടുക എന്നുള്ളത് ആരും ആരെയും തൊടുക അത്ര നല്ല കാര്യമല്ല അങ്ങനെ തൊടുകയാണെന്നു വെച്ചാൽ അനുഗ്രഹമാണെങ്കിൽ തൊടാം അത് ഗുരു ശിഷ്യന് ചെയ്യണതൊക്കെ വളരെ വലിയ കൃപയാണ് അതൊക്കെ നടക്കുകയാണ് അവരായിട്ട് ചെയ്യലല്ല അതൊക്കെ നടക്കുകയാണ് അത് അപ്പോ ഇവിടെ ഭഗവാൻ ബ്രഹ്മാവിന്റെ കൈ പിടിച്ചു യത് സഖാ സഖ്യുരിവേഷ പ്രജാ വിസർഗേ വിഭോജനം അവിക്ലസ്തേ പരികർമ്മി സ്ഥിത്തോ മാമേ സമുന്ന ഭഗവൻ എനിക്ക് ഉപദേശിക്കൂ എനിക്ക് വഴി കാണിക്കൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ബ്രഹ്മാവനോട് പറഞ്ഞു ശ്രീ ഭഗവാൻ ഉവാച്ച് ഭഗവാന്റെ ഉപദേശാണ് ഇൻട്രോഡക്ഷൻ ആണ് ചതശ്ലോകി ഭാഗവത് അത്ര ഭഗവാൻ പറയാണ് ജ്ഞാനം പരമഗുഹ്യം വളരെ വലിയ ഗുഹ്യം എന്ന് വെച്ചാൽ ഗുഹാം സ്ഥിതം സീക്രട്ട് രഹസ്യം എന്നൊക്കെ പറയാം എന്താ ഗുഹ്യം സീക്രട്ട് രഹസ്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാൻ പാടില്ല റൂമിൽ പോയിട്ട് നമ്മൾ മാത്രമായിട്ട് പറയാന്നുള്ളതാണോ അങ്ങനെയല്ല ഇവിടെ രഹസ്യം എന്നുള്ള അധ്യാത്മത്തിൽ പറയണത് ഓപ്പൺ സീക്രട്ടാണ് എന്ന് വെച്ചാൽ പറഞ്ഞാലും അറിയാത്തത് പറഞ്ഞാലും അറിയാത്തത് അനുഭവത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ പറയണത് കൊണ്ട് മാത്രമേ അറിയില്ല അനുഭൂതിയിൽ വരുമ്പോഴേ അറിയുള്ളൂ ജ്ഞാനം പരമഗുഹ്യമേ പരമഗുഹ്യമായ ജ്ഞാനം യജ്ഞാന സമന്വിതം ഭഗവാൻ പറയുന്നു വിജ്ഞാനത്തോടു കൂടെ തരാമെന്നാണ് എന്താ ജ്ഞാനം എന്താണ് വിജ്ഞാനം ശ്രീധരാചാര്യർ പറഞ്ഞു ജ്ഞാനം ശാസ്ത്രോക്തം വിജ്ഞാനം അനുഭവ ശാസ്ത്രത്തിലുള്ള വാക്കാണ് ജ്ഞാനം അനുഭൂതിയാണ് വിജ്ഞാനം ശാസ്ത്രം മാത്രം പഠിച്ചാൽ അനുഭൂതി വരണമെന്നില്ലല്ലോ ബ്രഹ്മസൂത്ര ഉപനിഷത്തൊക്കെ പഠിച്ചതുകൊണ്ടും അനുഭവമില്ലാതെ ഇരിക്കാം പഠിച്ചതുകൊണ്ട് മാത്രം വസ്തു കിട്ടണം എന്നില്ലല്ലോ യത് അനുഭൂതി സമന്വിതം അനുഭവത്തോടുകൂടെ ജ്ഞാനത്തിനെ കൊടുക്കുകയാണ് യത് വിജ്ഞാന സമന്വിതം സരഹസ്യം രഹസ്യം എന്ന് വെച്ചാൽ എന്താ രഹസ്യം ഭക്തി രഹസ്യം എന്ന് വെച്ചാൽ ഭക്തി എന്ന് പറഞ്ഞു രഹസ്യം ഭക്തിയമ്യാമി ഇത്യാദി നിർദ്ദേശാത് സുഗോപ്യം ഭഗവാൻ തന്നെ ഏകാദശത്തിലെ ഉദ്ധവരോട് പറയുന്നത് ഉദ്ധവ വലിയ രഹസ്യമാണ് എന്താന്ന് വെച്ചാൽ ന യോഗോ ന സാഖ്യം ധർമ്മയേവ ന സ്വാധ്യായപസ്ത്യാഗാപൂർത്തം ദക്ഷിണ വ്രതാനി യജ്ഞന്താ സി തീർത്ഥാനി നിയമ യമാഹ യഥാവരുതേ സത്സംഗ സർവസംഗാപോഹിമാം സത്സംഗം കൊണ്ട് എളുപ്പത്തിൽ കിട്ടും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ മെന കിട്ടിട്ട് കിട്ടാത്തത് സത്സംഗം കൊണ്ട് കിട്ടൂ ഗുരു കൃപ കൊണ്ട് കിട്ടൂ കൃപ എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ നമുക്ക് പിടിയില്ല അധ്യാത്മമാർഗത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസാണ് ഈ കൃപ എന്ന് പറഞ്ഞത് തമിഴ് ശൈവ സിദ്ധാന്തത്തില് ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നത് അവസാനം ഒരാൾ പൂർണ്ണനാണ് എന്നുള്ളതിന് തെളിവെന്താന്ന് വെച്ചാൽ കൃപാ സാക്ഷാത്കാരം കൃപാ ഈ കൃപാ സാക്ഷാത്കാരാണ് അവർ പറയണത് എന്നുവെച്ചാൽ സാക്ഷാത്കൃതനായിട്ടുള്ള ആൾക്ക് താൻ നേടിയെടുത്തു എന്ന് പോലും തോന്നില്ല ഭഗവാൻ കൃപ ചെയ്തു എന്നേ പറയുള്ളൂ ഒരു ഭക്തൻ പാടുന്നു ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ ഒരു തപസ് ചെയ്തില്ല ആ സാധന ചെയ്തില്ല ആ ഒന്നും ചെയ്തില്ല എന്നുണയും പറഞ്ഞ് സംസാരിയായിട്ട് അലഞ്ഞു നടന്ന് എന്റെ പുറകെ ആ പരമേശ്വരൻ വേദം തേടുന്ന പൊരുൾ എന്റെ പുറകെ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി എന്നാണ് നടിത്ത് മണ്ണിടൈ പൊയ്യണ പല ഷെയ്ത് എളുപ്പത്തിൽ തമിഴ് നടിത്ത് മണ്ണിടൈ പൊയ്യണ പല ുംയം കടിത്തേ നിക്കറിയേടിയൊരു അടിയേനെ അടിച്ച് അടിച്ച് അക്കാരം മുൻ തീറ്റിയ അത്ഭുതം അറിയേനെ മാണിക്യവാസകർ എന്ന ഭക്തൻ പറയാണ് ഞാൻ തപസൊന്നും ചെയ്തില്ല ഞാൻ ഒരു സാധനയും ചെയ്തില്ല പക്ഷേ അരുമറി തേടിയ പരമ്പൊരുൾ അറുമറി എന്ന് വെച്ചാൽ വേദം വേദമന്വേഷിക്കുന്ന ആ പരമ്പൊരു എന്റെ പുറകെ വന്ന് മുൻ നിർ എന്നാണ് നമ്മൾ ഒരു വഴിയിൽ പോകുമ്പോൾ ആ വഴിയിൽ തടസ്സം ചെയ്യണമെങ്കിൽ എന്തുവേണം മുമ്പിൽ വന്നിങ്ങനെ നിൽക്കണം അല്ലേ ഇതിനാണ് തമിഴ് ഭക്തി സമ്പ്രദായത്തിൽ ആൾക്കൊള്ളൽ എന്ന് പറയാവര് എന്നുവെച്ചാൽ നമ്മൾ കൃപാ ശരണാഗതി എന്നൊക്കെ പറയുമ്പോ നമ്മൾ എന്തോ ചെയ്യണമെന്നൊരു ഭാവമുണ്ട് ഈ ആൾക്കൊള്ളൽ എന്ന് പറയുമ്പോ ജീവന്റെ പ്രവൃത്തിയല്ല ആ ഭഗവത് കൃപയാണ് അവരുടെ അവിടെ വിശേഷണം നടക്കുമെന്നിങ്ങനെ നിൽക്ക പോവാൻ സമ്മതിക്കാതെ ഇയാൾക്ക് ലോകത്തിൽ പോകണം എന്നാഗ്രഹമുണ്ട് ഇയാൾക്ക് ലൗകികമായി എന്തൊക്കെയോ നേടിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോഴും ആ കൃപാശക്തി ലൗകികമായ പുരോഗതിക്ക് വിഘ്നം വരുത്തി ഇവനെ അധ്യാത്മമായിട്ട് തിരിച്ചുവിടാം അതാണ് ഏറ്റവും വലിയ അധ്യാത്മപ്രതിഭാസം എന്ന് പറയുന്നത് തന്നെ ഈ കൃപയാണ് പെരുമറയിൽ തേടിയ അരുൺപൊരുൾ ആ വേദം തേടുന്ന പരമേശ്വരൻ എന്താ ചെയ്താൽ അടിത്ത് അടിത്ത് അടി അടിയെന്ന് വെച്ചാൽ ദുഃഖമാണ് ഇവിടെ അടിക്കുക ഇവിടെ ദുഃഖമാണ് ജീവിതത്തിൽ ദുഃഖത്തിന് ദുഃഖം കൊടുത്ത് ലോകത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇയാൾക്ക് വാന്തവസ്തുവായിട്ട് തീരാണ് അതിനോട് ഒരു കമ്പമില്ലാതായിട്ട് ഇതൊക്കെ ദുഃഖമാണ് തോന്നണ വരെ ദുഃഖം കൊടുക്കും അപ്പോ ഇനി എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഉള്ളില് പരമാനന്ദ സ്വരൂപമായ ഒരു വസ്തുവിനെ കാണിച്ചും കൊടുക്കും പുറമേ ഉള്ള ദൃഷ്ടിയെ ഉള്ളിലേക്ക് തിരിച്ചുവിടുകയും ഉള്ളിൽ നിന്ന് ആകർഷിക്കുകയും ചെയ്യാണ് ബഹിർമുഖമായ ദൃഷ്ടിയെ അന്തർമുഖമാക്കുകയും അന്തർമുഖമായ ദൃഷ്ടിക്ക് സ്വയമേവ ഉപശമിക്കാനായി ഒരു ധാമം കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ് ആ ഉപശമിക്കാനായിട്ടുള്ള ആ ഉപമിക്കാനായിട്ടുള്ള ആ ഒരു ജ്യോതിർധാമം ഉള്ളിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് കൃപ എന്ന് പറയുന്നത് അതിനാണ് ഇവിടെ രഹസ്യം എന്ന് പറയുന്നത് ശാസ്ത്രോക്തമായ ജ്ഞാനം ഉപദേശിക്കുമ്പോ തന്നെ അനുഭവം എന്നുവെച്ചാൽ ഗുരു ഉപദേശിക്കുമ്പോ തന്നെ നല്ല പക്വിയാണെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ ബ്രഹ്മൈവാഹമസ്മി എന്നുള്ള അനുഭവം ഉണ്ടാവും പരീക്ഷിത് പക്വി ആയതുകൊണ്ട് മഹർഷി ഉപദേശിച്ചു അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന് ഉപദേശിച്ചു പരീക്ഷിത് അപ്പ തന്നെ പറഞ്ഞു സിദ്ധോസ്മി അനുഗ്രഹീത്തോസ്മി കരുണാത്മന അഭയം ദർശിതം ത്വ ഭഗവാനെല്ലാത്ത പദത്തിനെ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അപ്പം ഇവിടെ ഭഗവാൻ ജ്ഞാനം വിജ്ഞാനം രഹസ്യം തദ്ംഗം അംഗമെന്താന്ന് വെച്ചാൽ ഈ കേൾക്കുന്നതിനെ എങ്ങനെ മനനം ചെയ്യണം ഏതുവിധത്തിൽ നിതിധ്യാസനം ചെയ്യണം എത്തരത്തിലാണ് ആ അനുഭവത്തിനെ ദൃഢം വരുത്തേണ്ടത് എന്നുള്ള സാധനകളൊക്കെ ഉപദേശിക്കുന്നതാണ് തത് അംഗം പൂർവാംഗമാണ് വിവേകം വൈരാഗ്യം ശമം ദമം ഉപരതി ശ്രദ്ധ സമാധാനം മൂക്ഷുത്വം മുതലായിട്ടുള്ള സാധനാ ചതുഷ്ടയ സമ്പത്തി പൂർവാംഗമാണ് ഉത്തരാംഗമാണ് ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നുള്ള അപരോക്ഷമായിട്ടുള്ള ബോധകം സാക്ഷാത്ബോധകം അപ്പോ ഈ പൂർവാംഗവും ഉത്തരങ്കവുമാണ് തദംഗം ഭഗവാൻ പറയണത് ഇതൊക്കെ കൂടെ തനിക്ക് ഞാൻ ഒറ്റ അടിക്കങ്ങെടുത്ത് തരാമെന്നാണ് ബ്രഹ്മാവിന് അങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട് അധ്യാത്മമാർഗത്തിൽ ജീവൻ ഭക്തി കൊണ്ട് പരിപാടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഗുരുവിനും കർപ്പൂരം പോലെയാണെങ്കിൽ തീ വെക്കുമ്പോഴേക്കും പിടിക്കും വിറകാണെങ്കിൽ കുറെ നേരമാവും അതും നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണക്കണം വാഴപിണ്ടി ആണെങ്കിൽ രക്ഷ ഒന്നുമില്ല അല്ലെ ചിലർക്കൊക്കെ ഉപദേശിച്ചാൽ മനസ്സിലാവും ചിലർക്ക് ഉപദേശിക്കാതെ തന്നെ മനസ്സിലാവും ചിലർക്ക് ഉപദേശിച്ചാലും മനസ്സിലാവില്ല ശ്രോതാക്കൾ പല പല രീതിയിലാണ് ഫസ്റ്റ് ഓഫ് ഓൾ സത്സംഗത്തിനുള്ളിൽ വരുന്നത് തന്നെ വളരെ റേറാണ് അവിടെ വന്നിട്ട് ആദ്യത്തെ താമസ ശ്രോത എന്നൊരാളുണ്ട് തമോ ഗുണശ്രോത അയാൾ എന്ത് വെച്ചാ വന്ന് ഇങ്ങനെ കേട്ടോണ്ടിന്ന് ഉറങ്ങും വരും അത് ആദ്യത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തത് രാജസ്രോതാവാണ് കേൾക്കും കേട്ടിട്ട് തെറ്റുധരിക്കും വിപരീതമായിട്ട് മനസ്സിലാക്കും സാത്വിക ശ്രോതാവാണ് കേൾക്കും മനസ്സിലാക്കും ഗുണാതീതനായ ശ്രോതാവുണ്ട് വളരെ പക്വിയായ ശ്രോതാവ് അയാൾ ആരാന്ന് വെച്ചാൽ കേൾക്കുമ്പോ തന്നെ ബോധം വരുത്തുവതിനാളായി നിന്ന് എന്ന് പറഞ്ഞില്ലേ കേൾക്കുമ്പോൾ തന്നെ മുക്തിക്ക് തക്ക ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവനൊ നാരായണായനം കേൾക്കുന്ന ക്ഷണത്തിൽ തന്നെ ഞാൻ ആ വസ്തുവാണെന്നുള്ള പ്രത്യവിജ്ഞ നിത്യശുദ്ധമായ പൂർണ്ണ പ്രത്യവിജ്ഞയും അതിൽ ഇരുപ്പും ആ ക്ഷണത്തിൽ നടക്കും സൗഹമസ്മി എന്നിരുന്നു പോവും കേൾക്കുമ്പോൾ തന്നെ അതായി പോവും കേൾക്കുമ്പോൾ തന്നെ താൻ അതായി ഇരിക്കും ആ പൂർണ്ണത ആ ക്ഷണത്തിൽ തന്നെ സിദ്ധിക്കുന്നതാണ് ഉത്തമശ്രോത എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മ ഉത്തമശ്രോതാവാണ് അതുകൊണ്ട് ഭഗവാൻ പറയണത് തനിക്ക് ജ്ഞാനവും വിജ്ഞാനവും ശരണാഗതി ധർമ്മവും അതായത് ഭാഗവതധർമ്മവും അതിനെ സാധനയായിട്ടുള്ള അംഗങ്ങളും ഒക്കെ ഒന്നിച്ചങ്ങട് ഞാൻ അങ്ങോട്ട് തരാൻ പഠിച്ചോളൂ എന്നാണ് ഒക്കെ കൂടെ എടുത്തോളൂ ഉത്തമ ശ്രോതാക്കൾക്കൊക്കെ ഒരു ക്ഷണത്തിൽ നടക്കും രമണ മഹർഷിയെ കാണാൻ വന്ന ഒരു ബ്രിട്ടീഷ് ഒരു അമേരിക്കൻ റോബർട്ട് ആഡംസ് പറഞ്ഞൊരു ഇംഗ്ലീഷുകാർ വളരെ വിചിത്രമായ കഥയാണ് നോക്കണം ഒരു ജ്ഞാനി ഇന്ത്യയിലെവിടെയോ തമിഴ്നാട്ടില് ഇരിക്കുന്നു അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല പ്രചരിപ്പിക്കാൻ പോയിട്ടില്ല ശിഷ്യന്മാരാരും ഇല്ല അദ്ദേഹത്തിന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ അങ്ങനെ എവിടെയോ എടുത്തിരിക്കുമ്പോ ഈ റോബർട്ട് ആഡംസ് എന്ന് പറയുന്ന ഈ ഇംഗ്ലീഷുകാരന് കൊച്ചുകുട്ടിയായി തൊട്ടിൽ കിടക്കുമ്പോ മഹർഷിയുടെ ദർശനം ഉണ്ടാവും അത്ര മഹർഷിയാണെന്നൊന്നും അദ്ദേഹത്തിനെ അറിയില്ല ഒരു ചെറിയ രൂപം തന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇതൊക്കെ വളരെ വിചിത്രമാണ് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും പക്വമായിട്ട് ലോകത്തിലേക്ക് വരുമ്പോ അവരവർക്ക് ജ്ഞാനമാർഗത്തിൽ ആരാണോ വഴികാട്ട അതായത് അവരുടെ ഒരു ചെറിയ ഫോട്ടോ അവരുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് കാണുമ്പോൾ അപ്പ റെക്കഗ്നീഷൻ ഉണ്ടാക്കോളും ഇദ്ദേഹത്തിന് എവിടെയോ ഏതോ നാട്ടിൽ കിടക്കാണ് അരിസാണ് അവിടെ അദ്ദേഹത്തിന്റെ വീട്ടില് ദിവസം തൊട്ടിൽ കിടക്കുമ്പോ ഈ ഒരു ചെറിയൊരു രൂപം അത് തൻ്റെ അടുത്ത് എന്തൊക്കെയോ എന്ന് വർത്തമാനം പറയേണ്ടതായിട്ടൊരു ദർശനം അതേപോലെ തന്നെ വലുതായി വന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന് പൂർവ്വ യോഗഭ്രഷ്ടൻ എന്ന് നമ്മൾ പറയില്ലേ ഗീതയിലൊക്കെ അതുപോലെ യോഗഭ്രഷ്ടനാണ് അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ അധ്യാത്മത്തിൽ രുചി ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിലുള്ളവരൊക്കെ ഈ പാവികളെ പാവികളെ വിളിച്ച കൂട്ടരാണ് അദ്ദേഹത്തിന് കണക്ക് പരീക്ഷ എഴുതുമ്പോ ഒരു ക്ഷണം നേരത്തേക്ക് ഉണ്ടായി താൻ മരണമില്ലാത്ത വസ്തുവാണെന്ന് ഒന്ന് തോന്നിപ്പോയി കണക്കു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി പരീക്ഷ എഴുതി കൊണ്ടിരിക്കുകയാണ് ഒരു ക്ഷണം നേരത്തേക്ക് ഒക്കെ മറന്നുപോയി ക്ലാസ്സിലിരിക്കുന്ന കുട്ടിക്ക് താൻ ശരീരമല്ല താൻ മരണമില്ലാത്ത അമൃത വസ്തുവാണ് നോക്കണം ഇങ്ങനെയൊക്കെ അനുഭവമാണ് വേദാന്തത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇതൊന്നും കേൾക്കുകയേ ചെയ്യാത്ത ഒരു നാട്ടിൽ എവിടെയോ ജനിച്ച ആൾക്ക് ഈ ശ്രുതിയിലേക്ക് നോക്കുമ്പോൾ തനിക്ക് വന്നതാണെന്ന് ഇവിടെ കാണുമ്പോൾ ഒക്കെ സത്യമായി തീരും ഒരു ക്ഷണ നേരത്തേക്ക് താൻ സ്കൂളിൽ ക്ലാസ്സിലിരിക്കുമ്പോ മരണമില്ലാത്ത വസ്തുവാണെന്ന് അനുഭവിച്ചു ശിഷ്യന്മാരടുത്ത് അദ്ദേഹം പിന്നീട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ് ചോദിച്ചു ആ അനുഭവത്തിന്റെ ഫലം എന്തായിരുന്നു ചോദിച്ചു എന്ത് ഫലം കണക്ക് പരീക്ഷയിൽ പൂജ്യന്മാർക്ക് കിട്ടി എന്നുവെച്ചാൽ അതൊക്കെ ഒക്കെ മറന്നുപോയി അദ്ദേഹത്തിന് സൈക്കിക് പ്രോബ്ലമാണെന്ന് പറഞ്ഞ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അച്ഛനും അമ്മയും കൂടെ കുട്ടിയെ നല്ല കാലത്തിന് ദ്ദേഹം വരുന്നൊന്നും കഴിച്ചില്ല ജോയിൽ ഗോൾഡ് സ്മിത്തിനൊന്ന് വളരെ പ്രസിദ്ധനായൊരു ചിന്തകനും പോയിട്ടൊക്കെയാണ് അദ്ദേഹം ഈ കുട്ടിയെ കണ്ട് നീ അധ്യാത്മമായി വളരെ ഉയർന്നവനാണ് ഇവിടത്തെ ആളുകളൊന്നും വഴി കാണിച്ചാൽ ശരിയാവില്ല നിനക്ക് ഭാരത ആരെങ്കിലും ഒക്കെ തന്നെ വേണം ഇന്ത്യ ആരെങ്കിലും തന്നെ വേണം എന്ന് പറഞ്ഞ് പരമവംസയോഗാനന്ദയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് പരമഹംസ യോഗാനന്ദയുടെ അടുത്ത് വന്നു അപ്പോ യോഗാനന്ദ പറഞ്ഞു ഞാൻ എന്റെ ഗുരുവല്ല എന്റെ ഗുരു രമണ മഹർഷിയാണ് ഇനി എത്ര കാലം അദ്ദേഹം ശരീരത്തിൽ ഇരിക്കുന്നു പറയാൻ വയ്യ വേഗം പോയി കാണു എന്ന് പറഞ്ഞു അപ്പൊ മഹർഷി ആരാണെന്ന് ചോദിക്കുമ്പോൾ പരമവംശ യോഗാനന്ദ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിലുള്ള ഒരു വലിയ ഒരു ഷോക്കായിരുന്നു എനിക്കത് കാരണം കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഈ രൂപം കാണുന്നുണ്ട് കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഈ രൂപം കാണുന്നുണ്ട് അദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞത് തന്നെ വലിയൊരു വാർത്തയായിരുന്നു എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടി സെക്കൻഡ് വേൾഡ് വാറൊക്കെ നടക്കുന്ന സമയമാണ് വളരെ ബുദ്ധിമുട്ടി ഇന്ത്യയിലേക്ക് വന്നു രമണാശ്രമത്തിൽ വന്നു ഇത്രയൊക്കെ മെനക്കെട്ട് പതിനേഴ് വയസ്സ് പയ്യൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നു വന്ന് എന്തെങ്കിലുമൊക്കെ ഉപദേശവും ക്ലാസ്സോ ഒക്കെ വേണ്ടേ അല്ലേ ഇപ്പൊ രണ്ടു മണിക്കൂർ ക്ലാസ് ഉള്ള പോലെ മഹർഷിയെ കാണാൻ വരുമ്പോ അദ്ദേഹം പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ആൾ ഉപദേശമേ ആവശ്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദർശനം തന്നെ മതിയായിരുന്നു നല്ല സംഗീതവാസനുള്ള ആൾക്ക് വേറെ ആരെങ്കിലും പാടുമ്പോഴേക്കും രാഗവും താഴും ഒക്കെ മനസ്സിലാവണ പോലെ മഹർഷിയുടെ ഇരിപ്പ് തന്നെ വലിയൊരു ടീച്ചിങ് ആയിരുന്നു പാൾ ബ്രിരൻ പറയണു സൈലൻസ് ഇറ്റ് ഈസ് മോർ എലക്വന്റ് ദാൻ സ്പീച്ച് മൗനം തന്നെ വളരെ വളരെ വിനിമയ ശക്തി ഉള്ളതാണ് ജ്ഞാനിയുടെ മഹർഷിയുടെ സന്നിധിയിൽ വന്നപ്പോ മഹർഷി ഉണ്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിനൊരാഗ്രഹം മഹർഷി ഫസ്റ്റ് ആയിട്ട് ആരുടെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണത് ഞാൻ ഉപദേശമായിട്ട് എടുക്കാം അതുകൊണ്ട് എന്താ പറയണതെന്ന് നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ അടുത്ത് നിൽക്കുന്ന ഒരു ആള് ഒരു ജോലിക്കാരൻ ആരെയോ കുറ്റം പറയാണ് അയാൾ അങ്ങനെ ചെയ്തുകൊണ്ട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണോ മഹർഷിയുടെ അടുത്ത് അപ്പൊ മഹർഷി ആ ജോലിക്കാരൻ്റെ അടുത്താണ് ഉത്തരം പറയണത് പക്ഷെ നോക്കണത് ഇയാളെയാണ് ഇയാളെ നോക്കിയിട്ട് ചുമ്മാരു പോയി ചുമ ചുമ്മാരിക്കൂന്ന് പറഞ്ഞുണ്ടാതിരിക്കൂന്നാണ് ഹെൽ മീനിഹർഷി ചുമ്മാരുന്ന് പറഞ്ഞതും അടുത്തിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചു എന്താ അദ്ദേഹം പറഞ്ഞാൽ ചുമ്മാ എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഒരു ചോദ്യവും ചോദിച്ചില്ല ഒന്നും അറിയേണ്ടി വന്നില്ല ആ ഒരു സൈലൻസും ആ ചുമ്മാ ഇരു എന്നുള്ളത് തന്നെ വലിയ ഉപദേശമായിരുന്നു രണ്ടു വർഷക്കാലം പിന്നെ അവിടെ ഉണ്ടായിരുന്നു തിരുവണ്ണാമലുണ്ടായിരുന്നു വർഷം ഇന്ത്യയിൽ ഒരു വർഷത്ത് അദ്ദേഹത്തിന് പാർക്കിൻസൺ പാർക്കിൻസൻസ് പ്രോബ്ലം ഒക്കെ പിന്നീട് അദ്ദേഹം തിരിച്ചുപോയി ഒരുപാട് പേർക്ക് അദ്ദേഹം ഞാനോപദേശം ചെയ്തു വളരെ സാത്വികമായിട്ട് പ്രചാരമൊന്നും ഇല്ലാതെ വളരെ സാത്വികമായി അദ്ദേഹം യാത്ര ചെയ്ത് പറയും വണ്ടി ഒരു ഒരു വാനില് പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് പറയും അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് ഭഗവാന്റെ ആജ്ഞ എന്താന്ന് വെച്ചാൽ പതിനഞ്ചു പേർക്ക് മേലെ കൂടി ആ സ്ഥലം ഇട്ടോളെന്നാണ് അങ്ങനെയാണോ ഉപദേശിച്ചത് ഈ ആധുനിക കാലത്തുള്ള ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഇതിപ്പോ ഒരു ഒരു സായിപ്പിന്റെ കഥ പറയാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നോക്കണം പക്വിയായ ഒരു ജീവൻ എവിടെ ജനിച്ചാലും ഇന്ത്യയിൽ തന്നെ ജനിക്കണം എന്നൊന്നുമില്ല തന്നെ എവിടെയാണെങ്കിലും അയാൾ പക്വമാണെങ്കിൽ ഗുരുവിനെ എവിടെയുണ്ടോ എന്ന് ചോദിക്കൊന്നും വേണ്ട അതിനുവേണ്ട ശക്തി പ്രകൃതിയിൽ തന്നെ ഉണ്ട് നമ്മളെ ഗുരു സമീപത്തിൽ എത്തിക്കാനുള്ള ശക്തി പ്രകൃതിയിൽ ഉണ്ട് ഈശ്വരന്റെ പഞ്ചകൃത്യത്തില് പഞ്ചമകൃത്യമാണ് മുമുക്ഷുവിനെ ഗുരുവിന്റെ സമീപത്തിൽ എത്തിക്കുക ഈശ്വരന്റെ പഞ്ചകൃത്യപരായണ എന്ന് ലളിതാസനാമത്തിലുണ്ടല്ലോ ആ പഞ്ചകൃത്യത്തിൽ പഞ്ചമകൃത്യമാണ് സദാശിവ അനുഗ്രഹതാ എന്നുള്ളതാണ് ആ അനുഗ്രഹ കൃത്യം ആ അനുഗ്രഹം എന്ന് പറയുന്നത് ആ ശക്തി എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും പരീക്ഷിത് സുഖബ്രഹ്മ മഹർഷിക്ക് ലെറ്റർ ഒന്നും അയച്ചില്ലല്ലോ ഗംഗാധീരത്തിൽ പോയി ഇരുന്നു സുഖബ്രഹ്മ മഹർഷി വന്നു ധ്രുവൻ കാട്ടിലേക്ക് പുറപ്പെട്ടു നാരദൻ വന്നു ഗർഭത്തിൽ കിടക്കുന്ന പ്രഹ്ലാദന് നാരദ മഹർഷി സമയത്തിലെത്തി വ്യാസഭഗവാന് വേണ്ടപ്പോ നാരദ മഹർഷി എത്തി ചിത്രകേതുവിന് സമയമായപ്പോ അങ്കിരസൻ എത്തി